അന്യഥസ്വപ്നോ നിദ്ര തപര്യാസേ തയോക്ഷീണ തുരീയം പദം അശ്നത്തെ പതിനാലാമത്തെ കരികിൽ പറഞ്ഞു പശ്യന്തി നിശ്ചിത എന്നാണ് ഇവിടെ പറഞ്ഞത് ആ തിരിയനെ നിദ്രയില്ല ജാഗ്രത സ്വപ്നങ്ങൾ എന്ന സ്വപ്നങ്ങളില്ല എന്ന് പറഞ്ഞു അതിനെ കുറിച്ച് ബോധമുള്ളവർ അഭിപ്രായമാണ് പറഞ്ഞത് കഥാ തിരിയെ നിശ്ചിതോ ഭവതി എപ്പോഴാണ് ആ തുര്യൽ നിശ്ചിതനായിത്തീരുന്നത് തുര്യനിൽ നിശ്ചിതനായിത്തീരുക എന്ന് പറഞ്ഞാൽ തുര്യനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഭ്രമവും ഇല്ലാതാകുക അതാണ് നിശ്ചിതനായിത്തീരുക എന്ന് പുതിരി നിശ്ചയത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ സംശയങ്ങളും ഭ്രമവുമാണ് ഈ വാദം അടുത്തു പറയും ഉപദേ ഈ വാദം വാദം എന്ന് പറഞ്ഞാൽ തർക്കമൊന്നുള്ളതല്ല ചർച്ച താത്വികമായിട്ടുള്ള ഈ ചർച്ച ഇത് മുഴുവൻ എന്തിനു വേണ്ടിട്ടാണോ ഈ സംശയത്തെയും ഭ്രാന്തിയും ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് സംശയത്തെയും ഭ്രാന്തിയും ഇല്ലാതാക്കുക അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ചെയ്യാനും ഇല്ല അതിന് കാരണമായിരിക്കുന്ന അഗ്രഹണം അനിഥാഗ്രഹണം അതിനെ കുറിച്ചാണ് കൂടെ ചർച്ച ചെയ്യുന്നത് ഈ അഗ്രഹണവും അനിഥാഗ്രഹണവും കൊണ്ടാണ് ഈ സംശയഭ്രമങ്ങൾ അത് മാറുന്നതിന് മാറുമ്പോൾ തുര്യനും നിശ്ചിതനായിരുന്നു ആരൊരു ശ്രോതാവും ഇവിടെ പരമാവധി സംഭവിക്കേണ്ടതാണ് ഇവിടെ ആ രീതിയിലാകുന്നതിനെ കുറിച്ച് പറയുന്നത് നേരത്തെ എന്തു പറഞ്ഞു പുതിയ പശ്യന്തി നിശ്ചിത സംശയങ്ങൾ ഭ്രമങ്ങൾ മാറുക ഇന്ന നിശ്ചയം വരിക അങ്ങനെയില്ല സംശയവും ഭ്രമവും മാറിയാൽ േഷിക്കുന്നതാണ് നിശ്ചയം എന്ന് പറയുന്നത് ഇവിടെ തടസ്സമായിരിക്കുന്ന ഇത് രണ്ടുമേ ഉള്ളൂ അതിനെല്ലാം മൂലമായിരിക്കുന്ന ആഗ്രഹമാണ് അതിവിടെ വ്യക്തമായി പറയും ഈ കാര്യങ്ങൾ തയോക്ഷ സ്വപ്ന ജാഗ്രതയോരന്യഥ സർപ്പ ഇവ കൃണ് തത്വം സ്വപ്ന സ്വപ്ന ജാഗ്രതയോ അന്യഥ സ്വപ്നത്തിനും ജാഗ്രതയും അന്യഥാബോധമാണ് ഈ അന്യഥാബോധത്തിലാണ് എല്ലാ സംശയങ്ങളും എല്ലാ ഭ്രാന്തികളും നിലനിൽക്കുന്നത് അത് ലൗകികമായ കാര്യങ്ങളിലായാലും ശരി ആത്മസത്തയെ സംബന്ധിച്ചാലും ശരി സ്വസ്വരൂപത്തെ സംബന്ധിച്ചായാലും ശരി രജ്ജോം സർപ്പയുവാ അത് പരമാർത്ഥമാണ് അതുകൊണ്ടാണ് രജ്ജിവിന് സർപ്പത്തക്കോളം നമ്മൾ ഏത് സംശയങ്ങളും എല്ലാ ഭ്രാന്തികളും ഒന്നും പരമാർത്ഥമാണ് വേറെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ശരി എന്ന് പരിധിയിട്ടാണ് നമ്മൾ അതിന് സമാധാനത്തെ ഉത്തരത്തെ പ്രതീക്ഷിക്കുന്നത് മനസ്സിലുണ്ട് എന്താണ് എന്റെ ചോദ്യം ശരിയാണ് അതുകൊണ്ട് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനൊരു ശരിയായ ഉത്തരം ശരിയായ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ശരിയായ അറിവുണ്ടാകും എന്നാണ് നമ്മൾ ധരിക്കുന്നത് ഒരു സംശയവും ശരിയല്ല ഒരു സമാധാനവും ശരിയല്ല അപ്പോ ചോദ്യം ഉത്തരം സംശയം സംശയം നിവർത്തി ഈ രീതിയിലൂടെ നിശ്ചയം ഉണ്ടാകത്തില്ല ഒരു സംശയമുണ്ടായി ഒരു സംശയം നിവർത്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അടുത്ത സംശയത്തിന്റെ ബീജമാണ് അപ്പൊ ആ രീതിയിൽ നിശ്ചയം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് അന്യഥാഗ്രഹണമാണ് വാസ്തവത്തെ ഗ്രഹിക്കാതിരിക്കുന്നിടത്താണ് ഈ സംശയവും സംശയത്തിന്റെ സമാധാനവും നിൽക്കുന്നത് അതിനാധാരമായിരിക്കുന്ന അഗ്രഹണമാണ് എല്ലാ ഭ്രാന്തികളും എല്ലാ സംശയങ്ങളും അഗ്രഹണത്തിലും അന്യഥാഗ്രഹണത്തിലുമാണ് നിൽക്കുന്നത് അപ്പൊ അതിന്റെ പരിഹാരങ്ങളിലൂടെ എങ്ങനെ നിശ്ചയമുണ്ടാകും ഈ തുരിയധിഗമം എന്ന് പറയുന്നതിലൂടെ എന്താണ് ആചാര്യം പറയുന്നത് ഒരു നിശ്ചയമാണ് അതിനാണ് വേറെ വർഷം നമ്മൾ ഒരു ബോധ്യപ്പെടലാണ് സംശയം പരിഹാരം സംശയ നിവൃത്തി ഈ രീതിയിൽ അത് സാധ്യത പിന്നെ സംശയം സംശയ നിവൃത്തിയിലൂടെ എന്താ നമ്മൾ നേടുന്നത് നമ്മുടെ യുക്തിക്ക് ഒരു സമാധാനം വരുന്ന അത്രേ ഉള്ളു നമ്മുടെ ഈ അനിയഥാഗ്രഹണത്തിൽ പല യുക്തികൾ പ്രവർത്തിക്കും ആ യുക്തിക്ക് സമാധാനം കിട്ടുമ്പോൾ മനസ്സിനൊരു സമാധാനം ആ എന്റെ സംശയം മാറി പക്ഷെ അതെന്റെ ഇവിടെ നിശ്ചയം ഇതെല്ലാം എന്നാ ഇവിടെ പറയുന്ന പേരെന്താണ് വിപര്യാസം ഈ അന്യഥാഗ്രഹണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംശയഭ്രാന്തികളെല്ലാം വിപര്യാസങ്ങളാണ് വിപര്യാസം എന്ന് പറഞ്ഞാൽ ആ തത്വത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് അതുകൊണ്ടാണ് അന്ന് പറഞ്ഞിരിക്കുന്നത് രജ്വം സർപ്പയുവാ പരമാർത്ഥമല്ല ആ ഒരു പ്രക്രിയയിലൂടെ പരമാർത്ഥത്തെ ബോധിക്കാമെന്ന് കരുതണ്ട അത് നിഷ്പ്രയോജനമല്ല എന്തുകൊണ്ട് അത് നമുക്ക് മനസ്സിന് സമാധാനത്തെ തരും എന്തെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തത് കേട്ടാൽ നമുക്ക് അസ്വസ്ഥത അതിന്റെ ഒരു സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ ശരി മനസ്സ് സമാധാനപ്പെടും അത്രയൊരു പ്രയോജനം അതിനുണ്ട് അതാണ് മനനത്തിന്റെ ഒരു പ്രയോജനം പക്ഷെ അതിനെ കുറിച്ച് പറയുന്ന എന്താണ് എന്താ മന്തവ്യം മനനത്തിലൂടെ ഗ്രഹിക്കുന്ന എൻ്റെ ഇത് മനസ്സിനൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് നാം അതാണ് പക്ഷേ ഈ അന്യഥാഗ്രഹണത്തിൽ ഇവിടെ സ്വപ്നത്തിനെയും ജാഗ്രതനെയും അന്യഥാഗ്രഹണത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതിനോടടുക്കുന്നതിന് വേറെ ഉപായമൊന്നുമില്ല പ്രാഥമികമായ ഉപായങ്ങളൊന്നുമില്ല അതുകൊണ്ട് സ്വപ്ന ജാഗ്രതയോ അന്യഥാ ഗൃഹത ഈ അന്യഥാഗ്രഹണത്തിൽ നിൽക്കുന്നവന് അവന്റെ തത്വം സ്വപ്നവും ഭവതി അവനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വാസ്തവം അവനെ സംബന്ധിച്ചിടത്തോളം ഈ അന്യഥാഗ്രഹണമാണ് വാസ്തവം ഈ പ്രശ്നത്തിന്റെയും സമാധാനത്തിന്റെയും തരമാണ് വാസ്തവം പക്ഷെ ഇതെന്താണിത് സ്വപ്നമാണോ ഇതിനെ ഇവിടെ നിശ്ചയം എന്ന് പറയുന്നത് നിശ്ചയം എന്ന് പറയുന്നത് എന്താണോ ഇത് രണ്ടും ഇല്ലാതാകുന്നതാണ് നിശ്ചയം ചോദ്യങ്ങളും സമാധാനങ്ങളും അവസാനിക്കുന്നു നിശ്ചയം എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ നിശ്ചിന്തത വരുന്നത് ചിന്തയുള്ള ചോദ്യം സമാധാന നിശ്ചിന്തനായിത്തീരുക ഏതിനും നിശ്ചിന്തനായിത്തീരുക ഈ വിഷയത്തിൽ തിരിയനെ സംബന്ധിച്ചു തുര്യനെ സംബന്ധിച്ചെന്ന് എന്തുകൊണ്ട് പറയുന്നു അപ്പൊ അങ്ങനെ ഒരു നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ചിന്തയൊന്നും നടക്കത്തില്ല ചിന്തിക്കത്തില്ല ചിന്തിക്കാത്ത ആളെങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പൊ ചിന്തയുടെ നിരോധനം എന്ന് പറയുന്ന എന്താണ് തുര്യനെ സംബന്ധിച്ചുള്ള ചിന്തകളുടെ നിരോധനമാണ് സ്ത്രീകനെ സംബന്ധിച്ചുള്ള എങ്ങനെയുള്ള ചിന്ത ചിന്തയെന്ന് പറയുന്ന മനോവൃത്തികൾ രൂപത്തിലുള്ള മനോവൃത്തികൾ ഭ്രമാത്മകമായ മനോവൃത്തികൾ അജ്ഞാന രൂപത്തിലുള്ള മനോവൃത്തികൾ ഇതെല്ലാം അവസാനിക്കുകയാണ് ചിന്ത അവസാനിക്കുക പറഞ്ഞാൽ സാധാരണ മനുഷ്യന് ആത്മാവിനെ കുറിച്ചോ പരമാത്മാവിനെ സംശയങ്ങളെ ഇല്ല കാരണം അതവരുടെ ചിന്തയുടെ വിഷയമല്ല അവർക്ക് ലോകകാര്യങ്ങളിലാണ് അവരുടെ അജ്ഞാനവും ഭ്രാന്തിയും സംശയവുമല്ല ജിജ്ഞാസുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളെല്ലാം ഉപരി സംശയവും ഭ്രാന്തിയും അജ്ഞാനുമെല്ലാം തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചാണ് ഉപദേശിക്കുന്ന ആരോട് ജിജ്ഞാസുവിനോടാണ് ഉപദേശിക്കുന്നത് വെറും പാമ്പരനോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല നിശ്ചന്ദനായി ആരോട് പറയുന്നു ആ ജിജ്ഞാസുവിനോട് ഏത് വിഷയത്തിലാണോ അവന്റെ ചിന്ത പ്രവർത്തിക്കുന്നത് ആ വിഷയത്തിലവൻ നിശ്ചിന്തനാണ് മറ്റു കാര്യങ്ങളവിടെ മുഖ്യമല്ല ദൂണമാണ് അവനെ സംബന്ധിച്ച് അവനേത് കാര്യത്തിലാണ് അവൻ ചിന്തിക്കുന്നത് ഈശ്വരനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് അതിൽ നിശ്ചിന്തനായിത്തീരുക എന്നുള്ളതാണ് അങ്ങനെ നിശ്ചിന്തനായാൽ അതാണ് ഇവിടെ പറയുന്നത് നിശ്ചിതനായി തീരുക എന്ന് പറയുന്നത് അതാകാതിരിക്കുന്നിടത്തോളം കാലം എന്താണ് അവൻ സ്വപ്നത്തിലാണ് അന്യതാ സ്വപ്നം അന്യതാ ഗ്രഹിച്ചുകൊണ്ടുള്ള സ്വപ്നത്തിലാണ് ഒരു ജിജ്ഞാസു എന്ന് പറയുമ്പോൾ അവൻ ആധ്യാത്മികമായ ആത്മീയമായ സ്വപ്നത്തിലാണ് എപ്പോഴും ആത്മാവിനെ സംബന്ധിച്ചുള്ള അവന്റെ കല്പനകളെല്ലാം എന്താണ് സ്വപ്നമാണ് ജാഗ്രത ആലിച്ച് അസ്പഷ്ടമാണല്ലോ സ്വാനുഭവത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അനുഭവത്തിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത് ആധ്യാത്മികമായ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം വാസ്തവത്തിൽ സ്വപ്നമാണ് എന്തുകൊണ്ട് അവിടെ നിശ്ചിന്തത വന്നിട്ടില്ല ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതേയുള്ളൂ നിശ്ചിന്തത വന്നിട്ടില്ല ആ നിശ്ചിന്തതയെ അവിടെ പ്രാപിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് എന്താണോ വിഷയചിന്ത അതിനെ ബാധിക്കത്തുമില്ല നിശ്ചിന്തതയ്ക്ക് വിഷയചിന്ത തടസ്സം നേരത്തെ പറഞ്ഞു നിന്റെ തുടക്കത്തിന് ഭുഞ്ചാനോ ലിപ്യത അവൻ ആത്മനിഷ്ഠനായ എന്താണ് അവൻ സർവ വിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും അതൊന്നും അവന്റെ ആത്മനിഷ്ഠയെ ബാധിക്കുന്നില്ല നമ്മളവിടെ അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇവിടെ പറയുന്നത് ആ തുര്യനുള്ള നിശ്ചയത്തെക്കുറിച്ചാണ് അതിന് നിശ്ചയം വരെ ഈ വിഷയം സർവജ്ഞത എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ലോകകാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിമാനാണോ മണ്ടനാണോ സർവജ്ഞനാണോ അൽപജ്ഞനാണോ അതൊന്നും ഇവിടെ ആത്മകാര്യത്തിൽ നിശ്ചിന്തനാവും അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് സംഭവിക്കുന്നില്ല എന്നുകൊണ്ട് ഈ അന്യഥാഗ്രഹണം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജാഗ്രത് സ്വപ്ന രൂപത്തിൽ അതിനാധാരമായിട്ട് നിദ്ര അഗ്രഹണം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിദ്ര തത്വം അജാനത തുല്യ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ തത്വത്തിലാണ് നിശ്ചയം വരേണ്ടത് തത്വത്തിലുള്ള നിശ്ചയം എന്ന് പറയുന്നത് തത്വത്തിലുള്ള ഭ്രാന്തിയും വിപരീയങ്ങളും എല്ലാം ഒടുങ്ങ അത് ഒടുങ്ങുമ്പോ തത്വത്തെ സംബന്ധിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിനെക്കുറിച്ച് പിന്നെ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ചുള്ള കല്പനകളുടെ ആവശ്യമില്ല അങ്ങനെ അല്ലെങ്കിലോ ആ തത്വത്തെ അറിയാതിരുന്നാലോ തുല്യ തിശു അവസ്ഥ അവന് മൂന്നവസ്ഥയിലും നിദ്ര തുല്യമാണ് മൂന്നവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അവൻ ഉറങ്ങുന്നു ുന്നു പറയുന്നു അതുകൊണ്ടാണ് ഈ നിശ്ചിതമായ അവസ്ഥയെ പരാജാഗ്രത് എന്ന് പറയുന്നു ഇപ്പൊ ഈ വളർന്നിരിക്കുന്ന ജാഗ്രതല്ല നമ്മൾ ഉറക്കത്തിൽ നിന്നും വളർന്ന ജാഗ്രതല്ല പരാജാഗ്രത എന്തുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് വളർന്ന ജാഗ്രത അല്ല ഈ ഉറക്കത്തിൽ നിന്ന് വളർന്ന ജാഗ്രത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട് അറിവില്ലായ്മയുണ്ട് ഭ്രാന്തിയുണ്ട് തിരിയനെ സംബന്ധിച്ച് ഇതില്ലാതായാൽ ശേഷിക്കുന്ന ജാഗ്രത എന്ന് അതിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം അങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത് അതാണ് നിശ്ചിതമായ സ്ഥിതി എന്നുകൂടെ അങ്ങനെ അല്ലെങ്കിലോ നമ്മൾ നിദ്രയിലാണ് ഉണർന്നിരിക്കുമ്പോൾ നിദ്രയിലാണ് അപ്പോൾ ഈ നിദ്രയിലിരുന്നുകൊണ്ട് തിരിയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം അത് അന്യഥാ ജ്ഞാനമാണ് അതിനിടെ പറയുന്നത് വിപര്യാസമാണ് ഇവിടെ തിരിയുന്ന പേരാണ് വിപരിയാസം അപ്പൊ നമ്മളിപ്പോൾ ഉണർന്നിട്ടില്ല ഉണർന്നിട്ടുണ്ട് പക്ഷെ അത് ശുഷുതിയിൽ നിന്നുള്ള ഉണർവാണ് ം പറഞ്ഞല്ലോ ഈ ഉണർവെന്ന് പറയുന്നത് ബീജവും അങ്കുരവും പോലെയാണ് അങ്കുലത്തിന് ബീജത്തെ വിട്ടു നിൽക്കാൻ പറ്റുന്നു അപ്പോൾ ആ ബീജം ഇവിടെയും നിൽക്കുന്നു ആ വിത്ത് അതുകൊണ്ടിത് ശരിയായ ഉണർവല്ല അതുകൊണ്ട് ഇവിടെയും നിദ്രയുണ്ട് എന്നാണ് ഈ നിദ്രയിൽ നിന്നുകൊണ്ട് നമ്മൾ പലതും കൽപ്പിക്കുന്നു ജ്ഞാനികളാകുന്നു അതെല്ലാം എന്താണോ ഇവിടെ പറയുന്നത് വിപര്യാസമാണോ ഇത് നശിക്കുന്ന ആ പരാജാഗ്രത് അങ്ങനെ പറയുന്നു വാസിഷ്ഠത്തിനും അങ്ങനെ പറയുന്നു അതാണ് തുര്യാധിഗമം എന്നിവിടെ പറയുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സ്വപ്നനിദ്രയോഹോ തുല്യത്വ വിശ്വസയോ രേഖുരാശിത്വം സ്വപ്നനിദ്രകൾക്ക് തുല്യതയുണ്ട് എന്താണ് അതിന്റെ തുല്യത എന്ന് പറയുന്നു രണ്ടിടത്തെയും വിപര്യാസവും അന്യഥാഗ്രഹണമുണ്ട് അതാണ് ഇവിടുത്തെ തുല്യത പലയിടത്തും പറയും സ്വപ്നമാണ് ഇത് സ്വപ്നമാണെങ്കിൽ എന്തിനെ ജാഗ്രത എന്ന് വിളിക്കണം ഇതിനെ സ്വപ്നമെന്ന് വിളിച്ച പോലെ അതുകൊണ്ടാണ് ഇവിടെ ഇത് സ്വപ്ന തുല്യമാണ് സ്വപ്ന തുല്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ അന്യഥാഗ്രഹണമുണ്ട് ഇവിടെയും അന്യഥാഗ്രഹണമുണ്ട് ഈ അന്യഥാഗ്രഹണത്തിൽ മുഖ്യമായിട്ടുള്ള എന്താണ് അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് െ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഭ്രാന്തികൾ അറിവില്ലായ്മ അറിവില്ലായ്മയോട് ചേർന്ന് നീക്കൂ സംശയവും ഭ്രാന്തിയും അതാണ് നിദ്രയുണ്ടെന്ന് പറയുന്നു സുഷത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ സുര്യനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു ജാഗ്രത ചിന്തിക്കാം സ്വപ്നത്തിനും ചിന്തിക്കാം സ്വപ്നത്തിനും ചിന്തകളുണ്ട് നമ്മളിതിന് സ്വപ്നം എന്ന് വിളിക്കുന്നു പക്ഷെ അവിടെയും ചിന്തകളുണ്ട് അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഏകരാശിത്വം ഇതിനെ ഒന്നാക്കാം ഈ വിപരിയാസത്തെ ഈ അന്യഥാഗ്രഹണം ഇതൊന്നാണ് അന്യഥാഗ്രഹണ പ്രാധാന്യം അന്യതാഗ്രഹണത്തിനാണ് പ്രാധാന്യം ഈ അന്യഥാഗ്രഹണമാണ് പ്രപഞ്ചത്തെ നമുക്കറിയിച്ചു തരുന്നത് പ്രപഞ്ചബോധത്തെ ഉണ്ടാക്കിത്തരുന്നത് ശരീരത്തെക്കുറിച്ചും മനസ്സിനെ കുറിച്ചും എല്ലാ ബോധവും നമുക്കുണ്ടാക്കും തുരിയെ കുറിച്ച് ബോധം ഉണ്ടാക്കിത്തരുന്നു ഇത് ഈ അന്യഥാഗ്രഹണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ തുര്യനെ കുറിച്ച് ആത്മാവനെക്കുറിച്ച് എല്ലാം എന്തെല്ലാം ജ്ഞാനം നമ്മൾ ആർജിച്ചാലും ശരി അതെല്ലാം അന്യഥാഗ്രഹണത്തിൽ ഉൾപ്പെട്ടുപോകും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തുര്യാധിഗമം നിശ്ചിന്തത എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത തരത്തിൽ ഇത് പ്രകാശിക്കുന്നു അല്ലെ ഒരു ദീപം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോ മറ്റൊരു ദീപം കൊണ്ട് ആ ദീപത്തെ കാണാൻ ശ്രമിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിലൂടെ നമ്മളിതിനെ അറിയാൻ ശ്രമിക്കുന്നു അത് അന്യഥാഗ്രഹണമാണ് വാസ്തവത്തിൽ നമുക്കൊരു ദീപത്തിന്റെ സഹായമില്ലാതെ തന്നെ ഒരു ദീപത്തെ അറിയാം പ്രകാശത്തിന്റെ സഹായം കൂടാതെ പ്രകാശത്ത് ഗ്രഹിക്കാം അപ്പൊ തുരിയിൽ എന്താണ് സ്വയം പ്രകാശിക്കുന്നതാണ് മറ്റൊരു പ്രകാശങ്ങളുടെയും സഹായം കൂടാതെ തുര്യനെ ഗ്രഹിക്കണം തുര്യൻ പ്രകാശിക്കണമെന്നർ അതിനെന്ത് വേണം ഈ പറയുന്ന നിശ്ചിന്തത വരണം തുര്യനെ സംബന്ധിച്ചുള്ള ഭ്രാന്തി സംശയം അജ്ഞാനം ഇതെല്ലാം മറ്റുപോണം അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ അത് സംഭവിക്കുന്നു എന്നുള്ള വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്യഥാഗ്രഹണത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് ഏറ്റവും പരിചയമുള്ളത് അതാണ് ഈ അന്യഥാഗ്രഹണം ഈ അന്യഥാഗ്രഹണത്തിന്റെ ശക്തി കൊണ്ടെന്താണോ നമ്മുടെ അറിവില്ലായ്മ പോലും നമ്മളിന്ന് അകന്നിരിക്കുകയാണ് ഇവിടെ പറയുന്നത് ഗുണഭൂത നിദ്ര ഇവിടെ നിദ്ര എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല അതാണ് മുഖ്യം നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന എന്തിലാണ് നമ്മുടെ അറിവിലാണ് നമ്മുടെ അറിവില്ലായ്മയിലല്ല എന്നാ പറയുന്നത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞിരിക്കുന്ന എന്താണ് നമ്മുടെ അറിവുകളാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് ലോകകാര്യങ്ങളല്ല അവിടെയുള്ള നമ്മുടെ അറിവിലാണ് നമ്മുടെ ശ്രദ്ധയെന്ന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ അറിവില്ലായ്മ നമുക്ക് പിടികിട്ടാതിരിക്കുന്നു നമ്മുടെ ജാഗ്രതത്തിൽ നമ്മുടെ ഉണർവിൽ വളരെ മുഴച്ചു നിൽക്കുന്ന എന്താണ് നമ്മുടെ അറിവാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ അറിവില്ലായ്മയെ പിടികിട്ടുന്നില്ല പക്ഷെ നമ്മുടെ ഈ അറിവിനാധാരമായിരിക്കുന്ന എന്താണോ നിദ്രയാണ് അറിവില്ലായ്മയാണ് എന്നാണ് കൂടെ പറയുന്നത് അത് ഗുണഭൂതമായിരിക്കുന്നു ഗൗണമായിരിക്കുന്നു അപ്രധാനമായിരിക്കുന്നു പക്ഷെ ആ അറിവില്ലായ്മയാണ് ഈ അറിവിനെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കസ്മിൻ വിപര്യാസഹ സ്വപ്ന വാസ്തവത്തിൽ എന്താണ് നമ്മുടെ ഈ അറിവില്ലായ്മയിൽ ഉള്ള ഒരു സ്വപ്നമാണ് ഈ ഈ അറിവ് അതിന്റെ പരമാർത്ഥതയിൽ എത്തണമെങ്കിൽ നമ്മൾ അറിവിനെ കുറിച്ച് ബോധവാനാകും അറിവില്ലായ്മയെക്കുറിച്ച് ബോധവാനാകും അറിവിനെക്കുറിച്ച് നമ്മൾ ബോധവാനാണോ ഇനി അറിവില്ലായ്മയെക്കുറിച്ച് കൂടി ബോധവാനായാലോ അറിവില്ലായ്മയെക്കുറിച്ച് ബോധവാനായാൽ അവിടെ നിശ്ചിന്തത വരും അറിവിലില്ലായ്മയെക്കുറിച്ച് ബോധവാനാകുക എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് കാണുന്നതുപോലെയാണ് ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് കാണാൻ ശ്രമിച്ചാൽ അവിടെ ഇരുട്ട് നശിക്കുന്നു ഏത് ഇരുട്ടിനെയാണോ നമ്മൾ കാണാൻ ശ്രമിച്ചതായി ഇരുട്ട് നശിച്ചു അവിടെ വെളിച്ചം മാത്രമോ നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ച് ബോധവാനായിക്കഴിഞ്ഞാൽ അവിടെ ചിത്രം നിശ്ചിന്തതയെ പ്രാപിക്കും അറിവില്ലായ്മയെ ആ ഇരളിനെന്തിയും അതിന് നാശം സംഭവിക്കുന്നു അതിന് തടസ്സമായിരിക്കുന്ന എന്താണോ നമ്മുടെ അറിവാണ് ഈ സ്വപ്നമാണ് ഇവിടെ അറിവിന് പ്രാധാന്യവും അറിവില്ലായ്മയ്ക്ക് അപ്രാധാന്യവും അതുകൊണ്ടാണ് ഈ അറിവിന് അന്യഥാഗ്രഹണത്തിന്റെ സ്വപ്നം എന്ന് പറഞ്ഞത് ഈ അന്യഥാഗ്രഹണം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ അറിവും അറിയപ്പെടും എന്തെല്ലാം അറിവ് നമ്മൾ ആർജിക്കുന്നു അതെല്ലാം അറിയപ്പെടും ആത്മാവിനെ സംബന്ധിച്ചും ആധ്യാത്മിക സംബന്ധിച്ചുള്ള നമ്മുടെ സർവസങ്കല്പങ്ങളും അറിയപ്പെടും ഇവിടെ രണ്ടാം കൂടെ ഒറ്റ വാക്യമേ ഉള്ളൂ അന്യഥാ ഗ്രഹണം അപ്പോ ശ്രുതി എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ശ്രവണം കൊണ്ട് എന്താണ് സാധിക്കേണ്ടത് പുതിയ പുതിയ അറിവുകൾ ആർജിക്കല്ല ആർജിക്കുന്ന ഒന്നും നിലനിൽക്കത്തില്ല ഉണ്ടാകുന്നതെല്ലാം നശിക്കും നമ്മുടെ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ അത് നശിക്കുക അത് സംഭവിക്കും അതുകൊണ്ടാണ് ഉള്ളത് എന്താണ് നിശ്ചിത അവിടെയാണ് നിശ്ചിന്തത വരുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിശ്ചിന്തത വരും വരുന്നില്ല അപ്പൊ അവിടെ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആഗ്രഹണം അന്യഥാഗ്രഹണം ആത്മാവിനെ സംബന്ധിച്ചുള്ള ഇത് രണ്ടും ഇല്ലാതാകുന്നിടത്താണ് തുര്യാധിഗമം എന്ന് പറയുന്നത് അതാണ് ശരിയായ ജാഗ്രത ഇത് ഇവിടെ തന്നെ സംഭവിക്കുന്നു ജാഗ്രത പരാജാഗ്രത്തിലേക്ക് പോകണം ഈ ഉണർവില് നിന്നും പരവുമായ ഉണർവിലേക്ക് പോകണം അത് പോകുന്നതിന് ഇവിടെ ആവശ്യമില്ലാത്തതിന് നീക്കം ചെയ്താണ് അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന എന്താണ് ഈ അറിവില്ലായ്മ നമ്മുടെ എല്ലാ അറിവുകൾക്കും ആശ്രയമായിരിക്കുന്ന അറിവില്ലായ്മ അതെവിടെ സ്പഷ്ടമായിരിക്കുന്നു അതിനടുത്ത് പറയുന്നു തൃതീയതുസ്ഥാനേ തത്വജ്ഞാനലക്ഷണേവ കേസ അതൊരു വിപര്യാസമാണോ ഇത്രയും അറിവുള്ള എനിക്ക് അറിവില്ലായ്മയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും ആത്മാവിനെ കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് ധരിച്ചിരിക്കുന്ന എനിക്ക് ഇനിയും എന്താ അറിവില്ലായ്മ അറിവില്ലായ്മയുണ്ട് അറിവില്ലായ്മ വ്യക്തമാകും ഇവിടെ ധൃതീയസ്ഥാനത്തിൽ അവിടെയാണ് അറിവില്ലായ്മ വ്യക്തമാകുന്നത് ഉറക്കത്തിൽ തത്വജ്ഞാനലക്ഷണവും നിദ്ര തത്വജ്ഞാനം എന്ന് പറയുന്ന നിദ്ര അതുണ്ട് ആത്മാവിനറിയാതെ തന്നെ ഉറങ്ങാൻ പോകുന്നു ഉണർന്നു വരുന്നതും അതിനെ അറിയാതെ തന്നെ അവിടെ ഈ അംഗീധ ഗ്രഹണങ്ങളെല്ലാം നശിച്ചിട്ടും എന്താ ഉണർന്ന് വരുമ്പോൾ വീണ്ടും ഇതെല്ലാം പിടികൂടുന്നു ഉറങ്ങിക്കിടന്നപ്പോ നമ്മൾ അജ്ഞനായിരുന്നില്ല പക്ഷെ ഉണർന്നു വന്നപ്പോ വീണ്ടും അജ്ഞനായിരുന്നു ഉറങ്ങിക്കിടന്നപ്പോ അജ്ഞനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം നമ്മളിവിടെ ചിന്തിക്കുന്നില്ല ജ്ഞാനിയാണോ അജ്ഞാനിയാണോ അത് ഇപ്പോഴാണ് ചിന്തിക്കുന്നു ഉണർന്നു വന്നിട്ടാണ് ആ സംശയം ഞാനിയാണോ അജ്ഞാനിയാണോ ഉറക്കത്തിടങ്ങനൊരു സംശയമേ ഇല്ല പക്ഷെ ഉണർന്നു വരുമ്പോ അജ്ഞനായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം എന്താണോ എന്തായാലും ഞാൻ ജ്ഞാനിയായിട്ട് അജ്ഞനായതല്ല ആജ്ഞത വീണ്ടും തുടർന്നു മുമ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതങ്ങനെ തുടരും തുടരുന്നു പക്ഷേ ഇവിടെ പറയുന്നു തത്വജ്ഞന്മാരെ കുറിച്ച് പറയുന്നു നിശ്ചിതന്മാരെ കുറിച്ച് പറയുന്നു അവർക്ക് ഈ അജ്ഞാനം ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ഉറക്കത്തിൽ എനിക്ക് അങ്ങനെ ഒരു അജ്ഞാനമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല അതെന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും അവസ്ഥയും ഞാൻ പ്രാപിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഉണരുമ്പോഴും എനിക്ക് സംശയവും ഭ്രാന്തി ഒന്നും വരത്തില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ എന്താണ് അവിടെ അത് സ്പഷ്ടമാണ് ഇവിടെ ഈ അനിഥാഗ്രഹണം കൊണ്ടത് അസ്പഷ്ടമായി പോയി ഗുണമായി പോയി ഇവിടെ അറിവിന് പ്രാധാന്യമാണ് അറിവില്ലായ്മ അപ്രധാനമായി പോയി അവിടെ അറിവില്ലായ്മ മാത്രമേ അപ്പോ അറിവില്ലായ്മയെ നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ീത് രണ്ടും പോകണം നമ്മുടെ അറിവും പോകണം അറിവില്ലായ്മയും പോകണം ഏതെങ്കിലും ഒരു അറിവിനെ അത് ആത്മാവിനെ സംബന്ധിച്ചായാലും ശരി അനാത്മാവിനെ സംബന്ധിച്ചായാലും ശരി ആശ്രയിച്ച് നിൽക്കുന്നതല്ല ഇവിടെ പറയുന്ന നിശ്ചിന്തത ഏതെങ്കിലും ഒരു അറിവിനെ നമ്മൾ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അന്യഥാഗ്രഹണത്തിലാണ് നമ്മുടെ കല്പനയിലാണ് ഈ കൽപ്പനകളൊന്നും ശരിയല്ല എന്ന് ബോധിച്ചാൽ എന്താ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോവും അപ്പൊ ശേഷിക്കുന്ന ബോധമാണ് പരാജാഗ്രത് ബോധത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ബോധത്തിനൊന്നും സംഭവിക്കത്തില്ല ശ്രീയ തന്നെ പറയുന്ന നേരി നേരി പക്ഷേ ഈ വിപര്യാസങ്ങൾ അവിടെ ക്ഷീണിക്കും അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത് അത് തയോയോ അന്യഥാഗ്രഹണ പരമാർത്തബോധനക്ഷീണേ ത്രിയം പദം അശ്നത്തെ തലലക്ഷണം ബന്ധരൂപം തന്നെ അവശ്യം നിശ്ചിതോഭവ അതുകൊണ്ടെന്താണ് തയോ കാര്യകാരണ സ്ഥാനോ്തിയിൽ മുഖ്യമായി അഗ്രഹണം ജാഗ്രത്തിന് സ്വപ്നത്തിന് ഇത് രണ്ടും ഒന്നും അറിയാതിരിക്കുക എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും അറിയാതിരിക്കുക തന്നെ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പരമാർത്ഥത്തെ അറിയാതിരിക്കുന്നു ആഗ്രഹമെന്ന് പറഞ്ഞാൽ പരമാർത്ഥം അറിയാതിരിക്കുക അന്യഥാഗ്രഹണം എന്ന് പറയുമ്പോൾ സർവവും അറിഞ്ഞുകൊണ്ടിരിക്കുക ഈ അവസ്ഥ കാര്യകാരണ ബന്ധമാണ് രണ്ടു തരത്ത് നമ്മൾ ബന്ധിച്ചിരിക്കുകയാണ് കുര്യനെ ഇതാണ് ബന്ധനം എന്ന് പറയുന്നത് ഇത് പരമാർത്ഥ തത്വപ്രതിബോധതത്വബോധം കൊണ്ട് ഈ അഗ്രഹണത്തെയും വന്യതാഗ്രഹണത്തെയും എല്ലാം ഒഴിവാക്കി അനുശേഷിക്കുന്നതാണ് പരമാർത്ഥ തത്വബോധം അല്ലെങ്കിൽ ഒഴിവാക്കലിലൂടെ അവശേഷിക്കുന്നതാണ് പരമാർത്ഥ തത്വപ്രതിബോധം തുരിയ സ്ഥിതി എന്ന് പറയുന്നതാണ് ക്ഷീണേ അത് ക്ഷീണിക്കുന്നു അത് ക്ഷീണ എന്നുള്ള പദം എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ക്ഷീണിക്കുമ്പോഴാണ് വിശ്രമിക്കുന്നത് ഇത് പരമമായ വിശ്രാന്തിയാണ് ഇവിടെ പറയുന്ന തുര്യാധിഗമം എന്നെല്ലാം പറയുന്നത് പരവുമായൊരു വിശ്രാന്തി അന്ന് പറഞ്ഞെന്താണ് ചിത്തവിശ്രാന്തി ചിത്രത്തിന്റെ വിപജയങ്ങൾ സംശയങ്ങൾ അറിവില്ലായ്മ ഇതെല്ലാം ചിത്രത്തിന്റെ ചലനങ്ങളാണ് ചിത്തവൃത്തികളെന്ന് പറയാം എന്തിനെ സംബന്ധിച്ചുള്ള തുര്യനെ സംബന്ധിച്ചുള്ള ഈ ചലനങ്ങളെല്ലാം അവസാനിക്കണം തുര്യനും നിശ്ചിന്തനായിത്തീരണം ബാക്കി ചലനങ്ങളൊന്നും ഇവിടെ ഈ നിശ്ചിന്തതയെ ബാധിക്കുന്ന ബാക്കി എല്ലാ ചലനങ്ങളും ഈ നിശ്ചിന്തതയെ ആശ്രയിച്ചു അത് പലതവണ പറഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു ഭ്രമമാണ് നമുക്ക് എന്താണ് എല്ലാ ചിന്തകളും ഒടുങ്ങണം മനസ്സ് ചലിക്കാൻ പാടില്ല അതാണ് നിശ്ചിന്തത ഒരിക്കുന്നതല്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉപദേശമില്ല ഗുരുവും വിശേഷീനവുമില്ല വിദ്യയുമില്ല ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു സാർത്ഥകത പറഞ്ഞു വേണം ഇവിടെ ഗുരു വേണം ശിഷ്യൻ വേണം വിദ്യ വേണം സർവചിത്വത്തിന്റെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗുരു ഇവിടെ ശിഷ്യൻ ഇവിടെ വിദ്യ അതിനൊന്നും പിന്നെ നിലനിൽപ്പില്ല ഇവിടെ ക്ഷീണം എന്തിന് സംഭവിക്കണം ഈ തുരിയനെ സംബന്ധിച്ചുള്ള സർവ്വകാര്യങ്ങൾ സംഭവിക്കുക അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാധ അത് സംഭവിക്കുന്നു ബാധയുടെ പ്രത്യേകത എന്താണോ ഏതെന്തിനാണോ ബാധ വരുന്നത് അവിടെ പ്രതീതി നിലനിൽക്കാം പ്രതീതി നിലനിൽക്കുന്നതിന് ദോഷമില്ല അതിന് ഉദാഹരണം പറയുന്ന എന്താണ് ദിഗ്ഭ്രമം മരുമരീതി ഭ്രമം ഇതൊക്കെയാണ് മരുമരീതിയിലെ ഭ്രമം വെള്ളമല്ല എന്ന് ബോധ്യപ്പെട്ടാലും അത് തുടരുന്നു അപ്പൊ നിശ്ചിന്തതയിൽ ചിത്തവൃത്തികൾ തുടരുന്നതിന് തടസ്സം എന്തുകൊണ്ട് അത് ബാധയാണ് നാശം യമൽ ഇത് ഇവിടെ ജലമില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നാലും ജലത്തിന്റെ പ്രതീതി തുടരുന്നു കാണുന്നു അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അതിനൂടെ പറയുന്നു മായാമയം അതിന് വേറെ സമാധാനമൊന്നും പറയാനില്ല അതിനു കൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപം തന്നെ എന്താണ് ആശ്ചര്യം അതിന്റെ സ്വരൂപം ആശ്ചര്യമാണെന്നറിഞ്ഞിരിക്കുന്നവന് ഈ സൃഷ്ടിയുടെ ഒരു ആശ്ചര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു അത്ഭുതത്തിന് അവകാശം സൃഷ്ടിയുടെ ഒരു വൈദ്യുതത്തെക്കുറിച്ചും ചിന്തിച്ച് മനസ്സിന് അസ്വസ്ഥമാക്കേണ്ട ഈ വൈചിത്രി എന്ന് പറയുന്ന സൃഷ്ടിയുടെ സ്വഭാവം തന്നെയാണ് അതിനെ അയാൾ ഉൾക്കൊള്ളുന്നു അതിനെ അംഗീകരിക്കുന്നു അപ്പൊ പിന്നെ അതിൽ മനസ്സിനെ വേകുലപ്പെടേണ്ട കാര്യമില്ല ആത്മതത്വത്തിലാണെങ്കിലും അവൻ നിശ്ചിന്തനുമായി ഇതാണ് ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രപഞ്ച വ്യവഹാരങ്ങൾക്കോ പ്രാപഞ്ചിക ചിന്തകൾക്കോ പ്രാപഞ്ചികമായ പ്രവൃത്തികൾക്കോ ഈ നിശ്ചിന്തത തടസ്സമല്ല ഇത് രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് പാരാമാർത്ഥികമായ തലത്തിൽ കാൽപ്പനികമായി ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അദ്വീതം പറയുന്നത് ഭവനം ചെയ്യുന്നു ആ പശുവിൻ തുരിയെ നിശ്ചിതോ ആ നിശ്ചിന്തത വരുന്ന എവിടെയാണ് തുര്യൻ നടന്നത് അവിടെയാണ് നിശ്ചിന്തത വരെയുള്ളത് നമുക്ക് ബുദ്ധിമുട്ടെന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാത്തതിനാണ് നമുക്ക് ബുദ്ധിമുട്ട് നമ്മൾ പലതും പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്താ ഈ നിശ്ചിന്തതയെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്തുകൊണ്ട് ഈ നിശ്ചിന്തതയെ നുഭവിച്ചവന് പിന്നെ ഇത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇത് അനുഭവിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരിക്കുന്നത് അജ്ഞാനമാണ് അവനത് പ്രതീക്ഷിക്കാനൊട്ടക്കത്തവനും മധുരം എന്താണെന്ന് അറിയാത്തവനും മധുരത്തെ പ്രതീക്ഷിക്കാൻ കഴിയും നിശ്ചിതയെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകൾ സങ്കല്പങ്ങളെല്ലാം കൊണ്ട് നമ്മൾക്ക് പല ഭ്രാന്തികളും ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പലതരത്തിലും പ്രതീക്ഷിക്കുന്നു എന്താണ് പ്രപഞ്ചത്തെ മറന്നിരിക്കുകയാണ് ശരീരത്തെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതൊക്കെയാണ് ഇവിടെ പറയുന്ന നിശ്ചിന്തകൾ അതല്ല ഈ നിശ്ചിന്ത സംബന്ധിച്ചുള്ളതോ ത്തെ സംബന്ധിച്ചുള്ളതോ മനസ്സിനെ സംബന്ധിച്ചുള്ളതോ അല്ല ഇവിടെ എന്താണ് പറയുന്നത് നിശ്ചിതവും ഇത് തുരിയെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് നമ്മളിതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു ഈ രോഗത്തെത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു നമ്മുടെ മനസ്സിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നിശ്ചിന്തതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിനെയൊക്കെ മറക്കണം അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ അറിവിൽ നിന്ന് പോകണം അതല്ല നിശ്ചിന്ത ഇതിന്റെ അറിവോ മനസിന്റെ പ്രവർത്തനമോ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളോ ഒന്നും നിശ്ചിന്തതയ്ക്ക് തടസ്സം ആയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ ഒരു അറിവ് ആചാര്യന്മാരിൽ നിന്നും കിട്ടത്തില്ലായിരുന്നു എന്തുകൊണ്ട് ഏത് ആചാര്യന്മാരാണോ ഇത് ഉപദേശിച്ചത് അവരെല്ലാം ഈ ലോകത്തെ കണ്ടിട്ടാണ് ഉപദേശിച്ചത് ഈ ലോകത്തെ സംബന്ധിച്ച് അവർക്ക് നിശ്ചിന്തത വന്നിരുന്നെങ്കിൽ പിന്നെങ്ങനെ ഉപദേശിക്കും അജ്ഞനെ തിരിച്ചറിയാതെ എങ്ങനെ ഗുരുവിനെ ഉപദേശിക്കാൻ പറ്റും അപ്പൊ അവരുടെ മുമ്പിൽ ലോകമുണ്ട് ലോകത്തിന്റെ ഗുണദോഷങ്ങളെല്ലാം ഉണ്ട് ബന്ധുവും മോക്ഷവും എല്ലാം അവർ കാണുന്നുണ്ട് അപ്പൊ ഈ ലോകത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തല്ലാം നിശ്ചിന്ത അങ്ങനെ ഒരു നിശ്ചിന്തത വരാമോ വരാം അങ്ങനെയുള്ളൊരു നിശ്ചിന്തത വരാം പക്ഷെ അത് തുര്യനുള്ള നിശ്ചിന്തത ആയിരിക്കത്തില്ല നമുക്ക് ഈ ലോകത്തെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചൊക്കെ ഒരു നിശ്ചിന്തത വരാം നമ്മളതാണല്ലോ പ്രതീക്ഷിക്കുന്നു അത് സഹജമായി സംഭവിക്കുന്ന സുഷുപ്തിയും അഭ്യാസം കൊണ്ട് സംഭവിച്ച സമാധിയും അത് മനസ്സിന്റെ തലമാണ് എത്രയോ വലിയ സമാധിയായ അനുശ്രീ അത് മനസ്സിന്റെ തലമാണ് സമാധിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എവിടെയാണ് യോഗശാസ്ത്രത്തിനാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ആ യോഗശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് ഈ പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അത് പറഞ്ഞ പ്രപഞ്ചത്തെ സത്യമായി കരുതെടുത്ത് മാത്രമേ സമാധിക്കു വേണ്ടിയുള്ള പരിശ്രമം ദ്വൈതമുള്ളടത്ത് മാത്രമേ സമാധിക്കു വേണ്ടിയുള്ള പരിശ്രമം പ്രപഞ്ചത്തെ സത്യമായി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും സമാധിയിലൂടെ സത്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിരോധിക്കാം യോഗശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നുണ്ട് എന്താണ് ഈ പ്രപഞ്ചം രീതിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു എന്നെ സത്യമായി കാണുന്നു അപ്പൊ അതിനെ നിരോധിക്കണമെങ്കിൽ അവന്റെ സത്യമായ കൽപ്പനയ്ക്കനുസരിച്ചുള്ള നിരോധാഭ്യാസം ആവശ്യമാണ് സമാധി എന്ത് ചെയ്യുന്നു പ്രപഞ്ചത്തെക്കുറിച്ച് അവൻ നിശ്ചിന്തനായിത്തീരുന്നു ശരീരത്തെക്കുറിച്ച് അവൻ നിശ്ചിന്തനായിത്തീരുന്നു ഇവിടെ അതന്നെ പറയുന്നു ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആധ്യാത്മികമായ ഉത്തമ അധികാരിക്ക് വേണ്ടി പറയുന്ന സമാധി വേണ്ടാത്തതെന്ന് തന്നെ ഞാൻ പറയുന്നു പരമാർത്ഥം എന്തെന്ന് പറയുമ്പോ സമാധിയുടെ സ്ഥാനം എവിടെയാണെന്ന് പറയുകയാണ് കാരണം ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ തെറ്റായ ധാരണകൾ തിരുത്താൻ വേണ്ടി പറയും ഇവിടെ തന്നെ സമാധി കുർജിനി പറയും സമാധി അനാവശ്യമാണെന്നോ അസംബന്ധമാണെന്നോ ഒന്നുമല്ല പറയും പരമാർത്ഥത്തിൽ എന്താണ് എന്താണ് ഇവിടുത്തെ നിശ്ചിന്തത എന്ന് പറയും അത് തുര്യനും നിശ്ചിതനായി തീരുന്നതാണ് സുര്യന നിശ്ചിന്തനായി തീരുമ്പോ എന്താണ് ഈ അന്യഥാഗ്രഹവും ആഗ്രഹവും ക്ഷീണിക്കുന്നു പറയുന്നു ക്ഷീണിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം ദുർബലമായി തീരുന്നു ബാധിക്കുന്നു പറയും അത് ബാധിക്കുന്നോണ്ട് എന്താ ഗുണം ബാധിക്കുന്നുവെന്ന് ബന്ധിക്കുന്നില്ല ദുർബലമായ ഒന്നിനു പിന്നെ ബന്ധിക്കാൻ കഴിഞ്ഞു അവൻ സർവതന്ത്ര സ്വതന്ത്രനായിത്തീരുന്നു എല്ലാ അർത്ഥത്തിനും സ്വതന്ത്രനായിത്തീരുന്നു അതാണ് മുക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള മുക്തപുരുഷന്മാരാണ് ഉപദേശിക്കുന്നത് തത്വജ്ഞാനത്തെ പ്രപഞ്ചം ബാധിച്ചു പോയാൽ ഉപദേശിക്കാൻ പറ്റത്തില്ല സമാധിയിൽ ഒരുപക്ഷെ എന്തെങ്കിലും അഭ്യാസങ്ങളാകാം ആയെന്നിരിക്കാം പക്ഷേ ഈ തത്വബോധത്തെ ഉപദേശിക്കാൻ സാധ്യമല്ല കാരണം അവിടെ കരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടിവിടുത്തെ നിശ്ചിന്തത എന്താണെന്ന് നമ്മൾ വ്യക്തമായി ധരിക്കും ആ നിശ്ചിന്തതയിൽ പരമമായ ജാഗ്രത അതിന് ഈ അന്യഥാഗ്രഹണം ക്ഷീണിച്ചാലും അത് ബാധിച്ചാലും തത്വബോധം അതിനു സഹായിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് തത്വരാപശന് തുരിയെ നിശ്ചിതം അതെ ആ തുരിയനിൽ നിശ്ചിതനായിത്തീരുന്നു എന്നുള്ളതാണ് മുഖ്യമായി എടുക്കേണ്ടത് തുരിയനിൽ ഭ്രാന്തി സംശയം അജ്ഞാനം ഇതെല്ലാം അവിടെ അവസാനിക്കുന്നു അതിനെ സംബന്ധിച്ച് ഇതൊന്ന് ശേഷിക്കാതിരിക്കുക പരമാർത്ഥത്തിൽ തന്റെ സ്വരൂപമായിരിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന കുരിയനും ഇതിനൊന്നും ഇതൊന്നും നിലനിൽക്കുന്നതിനുള്ള അവകാശമില്ല എന്ന് ബോധിക്കുക എന്നുള്ള ബോധ്യത്തിൽ ആ ബോധ്യപ്പെടൽ ഇതില്ലാതായിട്ടു അതിനൂടെ പറയുന്ന പരമാർത്ഥ ബോധം അതോടെ പറയുന്ന പരാജാഗ്ര പരമമായ ഉണർവ് എന്ന് പറയുന്നതാണ് ആ വിഷയത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഇനി വരുന്ന ഭാഗങ്ങൾ അന്യഥാഗ്രത സ്വപ്നോ ജ വിസെ തയോക്ഷീണേ തുരീയ പദമുത്തെ അനദിമായുക്തോ ഇവ പ്രബുധ്യത്തെ അജം അനിദ്രം അസ്വപ്നം സംസാര സൗഭയലക്ഷേണ അന്യഥലക്ഷണേ അല പ്രവൃത്തെ മയം പുത്രോയം നേത്രം പശോഹമേഷ സ്വാമീ സുഖി ദുഃഖീക്ഷഹർ തനേനം പ്രകാരാണ സ്ഥാനദ്വു പശ്യൻ ജീവീവൻ സ്വപ്ന ജാഗ്രതകളിലുള്ള ഈ അനുഭവം ഈ അനുഭവം എല്ലാം ഉണർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ അവൻ ഉറങ്ങുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് സാരം അതുകൊണ്ടാണ് ഈ ജാഗ്രത പോരാ എന്ന് പറയുന്നത് ഉറങ്ങി ഉണർന്നിരിക്കുകയാണ് തത്വത്തെ ബോധിക്കാതിരിക്കുന്നതാണ് ഉറക്കം ആ തത്വത്തെക്കുറിച്ചുള്ള കൽപ്പനകളാണ് ഉണർവ് പലതരത്തിൽ കൽപ്പിക്കുന്നു യോ എം സംസാരി ജീവ സംസാരിയായിരിക്കുന്ന ഈ ജീവൻ എന്ന് പറയുമ്പോ ഈ തത്വത്തെ ശ്രമിക്കുന്ന സൗഭ്യലക്ഷണേന രണ്ട് രൂപത്തിലുള്ള എന്താണ് തത്വ അപ്രതിബോധരൂപേണ ബീജാത്മന തത്വത്തെ ഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്ന ഈ സർവവിനാശങ്ങൾക്കും കാരണമായിരിക്കുന്ന അത് ജാഗ്രത സ്വപ്ന സുഷുതികളിലെല്ലാം ഒരേപോലെ നിലനിൽക്കുന്നു നിദ്രി അതാണ് ബീജം അന്യഥാഗ്രഹണലക്ഷണേനെച്ച സ്വപ്നത്തിനും ജാഗ്രതനും നിൽക്കുന്ന ഈ അന്യഥാഗ്രഹണം പലതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക ആത്മാവിനെയും അനാത്മാവിനെയെല്ലാം ബോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ തന്നെയും അന്യമായ സർവത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഇതാണ് അന്യഥാഗ്രഹം അനാദികാലപ്രവൃത്തേനെ കാലം കൊണ്ട് പരിച്ഛേദിക്കാനൊക്കത്തില്ല ഇത് ഇന്ന ദിവസം തുടങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല കാലം പോലെ ഇതിന്റെ സൃഷ്ടിയാണെന്ന് പറയാം ഈ അന്യതാഗ്രഹണത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുകയാണ് കാലം സുഷൃതിയിൽ കാലബോധമുണ്ട് ഉണർവിലാ കാലബോധം വന്നു അപ്പൊ ആ കാലബോധം ഈ അന്യതാഗ്രഹണത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഇന്നലെ ഇന്നും നാളെ ഇന്നും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അനാദികാല പ്രവൃത്തിയനാണെന്ന് പറഞ്ഞു ക്ഷണേന മായാസ്വരൂപം എന്ന് പറയും മായാസ്വരൂപമാണ് മായയ്ക്കുള്ള പ്രത്യേകത എന്താണ് മായ പ്രയോഗിക്കുന്നവനു എന്നെ എന്താണ് മായ മായയെ സംബന്ധിച്ച് മായാവി അജ്ഞനാണ് മായയുടെ തത്വം മായാവിക്കും പിടിയിട്ടത്തില്ല പരമാർത്ഥം എന്താണെന്ന് അറിയത്തില്ല എന്തുകൊണ്ട് അത് അനിർവചനീയമാണ് അതിന്റെ തത്വം പിടിയിട്ടത്തില്ല ഇന്ദ്രജാലം കാണിക്കുന്നവനോട് എന്താണ് ഇന്ദ്രജാലത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ അവര് പറയുന്നതാണ് ഇന്ദ്രജാലത്തിന്റെ രഹസ്യം ഒരിക്കലും പുറത്തു പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലത്തിന്റെ രഹസ്യയാൾക്ക് അറിയത്തില്ലെന്നാ പക്ഷെ അയാൾ മായാവ്യായം ഉണ്ടായത് പറയാൻ പറ്റത്തില്ല എന്താണ് ഇന്ദ്രജാലിക്കുന്ന മാജിക്കല്ല അത് ടെക്നിക്കലാണ് അത് ഉപകരണങ്ങളും മറ്റും കാണിക്കുന്ന വിദ്യകളാണ് ഇന്ദ്രാർക്കെ കുറിച്ച് നേരത്തെ പറഞ്ഞു ഇന്ദ്രചാൻ പഴയകാലത്ത് ആൾക്കാർ പറയും കണ്ണുകെട്ടലെന്ന് പറയും കാണുന്നവന്റെ കണ്ണുകെട്ടി കാണിക്കുന്ന വിദ്യ എന്ന് പറയും കൺകെട്ട് വിദ്യ എന്ന് പറയും ഭാഷകാരനും അതേപദം തന്നെ ഉപയോഗിക്കും അതൊരു കൺകെട്ട് വിദ്യയാണ് പക്ഷെ എങ്ങനെയത് സംഭവിക്കുന്നു അതിന്റെ രഹസ്യം കാണിക്കുന്നവെന്ന് അറിയാൻ പറ്റത്തില്ല ഒരു വിദ്യ അവനറിയാവുന്ന ഒരു വിദ്യ പ്രയോഗിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത്രേ പറയാൻ ും സമാധാനമില്ല സമാധാനം ഇല്ലാത്ത ഒന്നിനെയാണ് മായ എന്ന് പറയുന്നത് അതാണ് എന്റെ അർത്ഥം അല്ല നമ്മൾ ധരിക്കുന്ന രീതിയിൽ മറിഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു അർത്ഥം മാത്രം ഉണ്ടായിരുന്നുള്ളൂ മായ മറഞ്ഞു ശരിയാണ് സത്യം ബോധിക്കുമ്പോൾ അത് മറഞ്ഞു ആ രീതിയിൽ മാത്രമാണ് മായയുടെ രഹസ്യം മായാവിക്കും പിടി ഈ ജീവൻ എന്ത് ചെയ്യുന്നു ജീവനൊരു മായാവിയാണ് പക്ഷെ അവന്റെ മായയുടെ രഹസ്യം അവന് പിടിയില്ല അത് തന്നെ പറയുന്നു സ്വപ്നേന ജാഗ്രത സ്വപ്നവും ആ അർത്ഥത്തിലുള്ള സ്വപ്നം തന്നെ നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലാണ് ഈ ജാഗ്രത സ്വപ്നം ആരുടെ കയ്യിലായിരിക്കുന്നത് ഈ ജീവന്റെ കയ്യിൽ തന്നെ ആരാണോ ഉണർന്നിരിക്കുന്നത് ആരാണോ ഉറങ്ങിക്കിടക്കുന്നത് ആരാണോ സ്വപ്നം കാണുന്ന അവന്റെ കയ്യിൽ തന്നെ പക്ഷെ ഇതിൽ അവന് യാതൊരു നിയന്ത്രണവും ഇല്ല ഇതിന്റെ രഹസ്യം എന്താണെന്ന് അവന് ഒരിക്കലും പിടികിട്ടുന്നുമില്ല അപ്പൊ പിന്നെ ഇതിന് മായ എന്നല്ലാതെ എന്ത് പേരിടാൻ പറ്റും അതുകൊണ്ട് മായ എന്ന് പറയുന്നത് അതിനേറ്റവും യോജിച്ച പേരാണ് ഇത് സ്വപ്നമാണോ അവിടെ അവൻ എന്ത് കരുതുന്നു മമ എം പിതാ ഒരുവൻ കരുതുന്നു എന്താണ് ഇതെന്റെ പിതാവാണ് കരുതുന്നു സ്വപ്ന സ്വപ്നം തെറ്റ് സ്വപ്ന മമ എം പിതാ അങ്ങരുത് ഇതിന്റെ പിതാവാണ് അത് അസംബന്ധമെന്ന് എന്തുകൊണ്ട് പറയുന്നു കാരണം ഇത് അനാധികാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജീവൻ ജാഗ്രത സ്വപ്ന സുഷുതികളിലേക്ക് എന്ന് മുതലിൽ പ്രവേശിച്ചു എന്ന് പറയാൻ നിവർത്തിയില്ല വാസ്തവത്തിൽ ജീവന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്നുമാണ് ജാഗ്രസ്വപ്ന സുഷുതികളാണ് ജനിച്ചതിനു ശേഷം പോലും സ്മരിക്കാൻ കഴിയുന്നില്ല എന്നുപോലെ ഉറക്കം തുടങ്ങി എന്നുപോലെ സ്വപ്നം തുടങ്ങി എന്നുപോലെ ഉണർന്നു നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല ജനനം പോലെന്ന് പറയാൻ ഉറക്കില്ല കാരണം അവിടെ സ്വപ്നവും ജാഗ്രതയൊന്നും ഓർമ്മയിൽ വരുന്നില്ല അപ്പൊ ജനിച്ചതിനു ഒരു ജീവന് ഇതിന്റെ തുടക്കം പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിന് അനാദി എന്ന് പറയുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആദ്യത്തെ ജാഗ്രത ഒരു സമർത്ഥന ഓർക്കാൻ കഴിയും എന്നാലും പറയുന്നു എന്താണ് അനാദിയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്നു പറയുന്നു മമ്മാൻ പിതാവ് ഇവൻ എന്റെ അച്ഛനാണോ എന്ന് പറയുമ്പോ തന്തയെ നിഷേധിക്കല്ല അങ്ങനെ തിരിച്ചായിരുന്നു എന്നുവച്ചാല് ഈ ജീവനോട് വേറൊരാളിനെ ബന്ധപ്പെടുത്തുന്നു ആ ബന്ധത്തെയാണ് നിഷേധിക്കുന്നു ശങ്കരാചാര്യന്യ അത് പറഞ്ഞെന്ന് പറയരുത് അച്ഛനില്ലായെന്ന് പറഞ്ഞെന്ന് പറയരുത് അതന്നെ ഇവിടെ പറയുന്നു ആ ഒരു ബന്ധപ്പെടുത്തൽ ഈ ജാഗ്ര സ്വപ്ന സുശുക്തികൾ അനാദിയായി ജീവൻ സംഭവിച്ചുകൊണ്ടിരിക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ജീവൻ അതിനോട് അത് പരമാർത്ഥമല്ലെന്നാണ് അതുപോലെ അയം പുത്ര എന്റെ പുത്രനാണെന്ന് പറയുന്നു നപ്ത പുത്രന്റെ പുത്രൻ ക്ഷേത്രം എന്റെ സ്വത്ത് ഭൂമി തന്റേതായിട്ട് പശവാ എന്ന് വെച്ചാൽ സമ്പത്തുകൾ അന്നത്തെ സമ്പത്തുകളാണ് എന്റെ ഭൂമി എന്റെ മറ്റ് സമ്പത്തുക്കൾ പണ്ട് സമ്പത്തിനും പശുവെന്ന് പറയും ഇങ്ങനെ കരുതുന്നു അപ്പൊ തന്റേതായി അവിടെ പലതിനെയും കരുതുന്നു തന്റേതായി കരുതുന്നതിൽ അർത്ഥമില്ല എന്നാണ് എന്തുകൊണ്ട് ഇത് അനാധികാരണമായി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇതിൽ ചിലതിനെ തന്റേതെന്ന് കരുതും ചിലതിനെ തന്റെ ഇതല്ല എന്ന് കരുതുന്നു അങ്ങനെ കരുതേണ്ടി വന്നാൽ എത്ര കരുതേണ്ടി വരും പിതാവെന്നും പുത്രനെന്നും സ്വത്തൊന്നും ഒന്നും കരുതാൻ കൊടുത്തില്ല അപ്പൊ ചിലതിനോട് തന്നെ ബന്ധിപ്പിക്കുന്നു കൃത്രിമമായ ബന്ധനങ്ങളാണ് പരമാർത്ഥത്തെ ചിന്തിക്കുന്നവർക്കല്ലാത്തവർക്ക് സത്യമാണ് പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്നു അഹമേശാം സ്വാമി ഞാനിവരുടെ എല്ലാം യജമാനനാണ് സ്വാമി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലതല്ല യജമാനൻ എന്നാണ് ഞാനിവരുടെ എല്ലാം യജമാനനാണ് ഉടമസ്ഥൻ എന്നാണ് സ്വാമി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്വാമി എന്ന് പറഞ്ഞ നമ്മള് ജയിച്ചിന് എല്ലാം തെജിച്ചവനാണ് ഇവിടെ പറയുന്ന ആരാണോ എല്ലാം തൻ്റെ അവനാണ് സ്വാമി എന്നാണ് വളരെ മോശമായ ഒരു ശബ്ദമാണ് ഈ സ്വാമിമാർക്ക് കിട്ടിയിരിക്കുന്നത് സ്വാമി ശങ്കരാചാര്യ പോലും അതിനു മോശമായ ശബ്ദമായിട്ടാ പറയുന്നത് പിന്നെ എനിക്ക് പറയുന്നതിനെന്താ ദോഷം അഹമേഷാം സ്വാമി ഞാൻ സ്വാമി എന്ന് കരുതുന്നത് തെറ്റാണെന്നാണ് ഈ അർത്ഥത്തെ എടുത്തുകൊണ്ടാണ് സ്വാമിമാരെ ഞാൻ ചിലപ്പോ നിർവചിക്കുന്നത് അതുകൊണ്ട് സ്വാമിമാരെ അസ്വസ്ഥതപ്പെടേണ്ട യാതൊരു കാര്യവും കൂടെ ആചാര്യസ്വാമികളും പറയുന്നു അങ്ങനെ കരുതുന്നു എന്താണ് ഞാൻ സ്വാമിയാണെന്ന് കരുതുന്നു ഞാനാണ് ഇതിന്റെ എല്ലാം കരുതുന്നു അല്ലേ നമ്മളാശ്രമമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കരുതലേ ഇതൊക്കെ സ്വത്താണ് നമ്മളിവിടുത്തെ സ്വാമിമാരാണോ എന്ന് കരുതാറില്ലേ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു സ്വാമിയുടെ ഇന്ന് ആരെങ്കിലും പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചാൽ സ്വാമിക്ക് ദുഃഖം വരും സ്വാമിയെ ഒരു വലിയ കസേരിയിൽ പൂജിച്ചാൽ സ്വാമിക്ക് സുഖം വരും അപ്പൊ ഇതൊക്കെ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്ന എന്ത് ഈ പശുക്കളും ക്ഷേത്രവും തുടർന്നു വരുന്ന സർവ്വതും ക്ഷയിതോ അഹമനേന ഇതിനെന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ എന്ത് കരുതുന്നു എനിക്ക് ക്ഷയം വന്നു എനിക്ക് നാശം വന്നു എന്ന് കരുതുന്നു വർദ്ധിതശ്ശാനേന ഇതിനെ ഇങ്ങനെ വലുതാക്കി വലുതാക്കി വന്നാൽ ഞാൻ വലുതായി എന്ന് കരുതുന്നു അല്ലേ ആശ്രമം വളരുമ്പോ നമ്മളും വളരും ആശ്രമം ചെറുതാവുമ്പോ സ്വാമിമാരും ചെറുതാവും ഏഷാം എന്ന് പറഞ്ഞെന്താണോ എന്നും പോഞ്ഞ ക്ഷേത്രം പശവഹ അതിനാണ് ഏഷാം എന്ന് പറഞ്ഞില്ല ഞാനീ സ്വത്തിന്റെ ഈ മൃഗങ്ങളുടെ എനിക്ക് സ്വാമിയാണെന്ന് കരുതുന്ന ഒന്നാണ് എന്നിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം ആശ്രമത്തെ തന്നെ അവള് പറയുന്നു സ്വാമിമാരെ രക്ഷിക്കാനെന്ന് ശ്രമിക്കണ്ട അഹമനേന ക്ഷയിതഹ ഞാൻ ഇതുകൊണ്ട് ക്ഷയിച്ചു വർദ്ധിതശഅ അനേന ഇതുകൊണ്ട് ഞാൻ വലുതായി പിന്നെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അധ്യാസം ഒന്നാണ് ഇത് പക്ഷേ പൊതുവായി പറയുന്നു കേവലം സ്വാമിക്ക് വേണ്ടി പറയുന്നതല്ല സ്വാമിമാരിൽ സ്പഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞു സർവ മനുഷ്യർക്കും വേണ്ടി പറയുകയാണ് സർവ മനുഷ്യനെ ഇങ്ങനെ ചിന്തിക്കുന്നു സ്വത്തിനെ സംബന്ധിച്ച് ബന്ധത്തെ സംബന്ധിച്ച് ശരീര സംബന്ധിയായ സർവ്വകാര്യങ്ങളെ കുറിച്ച് സർവ്വ ജീവന്മാരും ഇങ്ങനെ ദുഃഖിക്കുന്നു മഹാത്മാക്കൾ അങ്ങനെ ദുഃഖിക്കുന്നില്ല നിത്യവും പ്രകാരാൻ സ്വപ്ന ഈ തരത്തിലുള്ള സ്വപ്നങ്ങൾ ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളാണ് ജാഗ്രതയും സ്വപ്നത്തിനെയും സ്വപ്നങ്ങൾ ആരായാലും ചെറിയൊരു ജീവനായാലും ശരി ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ അത് സ്വപ്നമാണോ സ്ഥാനത്വിയേപ്പി പശ്യൻ ജാഗ്രത്തിനും സ്വപ്നത്തിനും അവന ഇത് കാണുന്നു ഇതെല്ലാം കൊണ്ടുകൊണ്ട് വാസ്തവത്തിൽ എന്താണെന്ന് സുപ്ത ഇവൻ ഉറങ്ങുകയാണ് പരാജാഗ്രത്തിലേക്ക് ഇവൻ ഉണരുന്നില്ല ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതിനൊന്നും അഭിമാനമില്ല അവൻ ഇതിനെല്ലാം സ്വാമിയായിരുന്നാലും അവൻ സ്വാമിയാകുന്നത് ദോഷമുള്ള കാര്യമല്ല പക്ഷെ അതിൽ അവൻ അഭിമാനം വരാൻ പാടില്ല ഇതിന്റെ ക്ഷയമനുസരിച്ച് അവൻ ക്ഷയിക്കാൻ പാടില്ല ഇതിന്റെ വർദ്ധവനുസരിച്ച് അവൻ വർധിക്കാൻ പാടില്ല സ്വാമിയായിരിക്കാം മറിച്ചാണെങ്കിലും അവൻ സുപ്തനാണ് അവൻ ഉറങ്ങിക്കിടക്കുകയാണ് എന്നോരോ ജീവന്റെയും ഈ ജാഗ്രതന്നെയുള്ള സ്വാപത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ് दे वेदा, ീ സുഷുപ്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ എല്ലാ സ്വപ്നങ്ങളും കാണുന്നത് ഭൗതികവും ആത്മീയവും എല്ലാ സ്വപ്നം കാണുന്നത് എന്നെങ്ങനെ അവർ മാറ്റം വരുന്നത് പറയുന്നു യഥാ വേദാന്താർത്ഥത അഭിജ്ഞന പരമകാരുണികേന ഗുരുണ നാസേവം ത് ഹേതുഫലാത്മക പിന്തു തത്വമസീതി പ്രതിബോധ്യമാനോ യഥാ തഥാ ഏവം ഇങ്ങനെയൊന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ ഒരു ജീവൻ വേദാന്താർത്ഥമായിരിക്കുന്ന തത്വത്തെ അഭിജ്ഞനായിരിക്കുന്നവൻ നേരിട്ടറിയുന്നവൻ അഭിജ്ഞനെന്ന് വെച്ചാൽ നേരിട്ടറിയും അവന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളവൻ എന്നർത്ഥം അങ്ങനെയുള്ള പരമകാരുണ്യകേന ഗൃണ പരമകാരുണ്യതനായ ഒരു ഗുരുവാണ് അങ്ങനെയുള്ള ഗുരുക്കന്മാരാണ് ഇത് നമ്മളെ ബോധിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പരമകാരുണ്യം കൊണ്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് കിട്ടിയത് അതിനാണ് നമ്മൾ കായിക ഭാഷ്യം ശ്രുതി എന്നെല്ലാം പറയുന്നത് അത്തരം ഗുരുക്കന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അവരെന്ത് ചെയ്യുന്നു വേദാന്താർത്ഥം ശ്രുതിയുടെ അർത്ഥം ആർത്ഥത്തിന്റെ തത്വത്തെ അവർ നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നിട്ട് നമുക്ക് വേണ്ടി പ്രകാശിപ്പിക്കും ഈ തത്വത്തെ ബോധിപ്പിച്ച് വന്റെ അജ്ഞാന സംശയവിര്യങ്ങളെ നശിപ്പിക്കണം എന്നുള്ള കാരുണ്യം അതാണ് പരമമായ കാരുണ്യം എന്നുള്ളത് കാരുണ്യം കൊണ്ട് നമ്മൾ പല സൽപ്രവർത്തികളും ചെയ്യും അതെല്ലാം കാരുണ്യമാണ് നന്മ കാരുണ്യത്തിന്റെ ഫലമാണ് സത്കർമ്മങ്ങൾ കാരുണ്യത്തിന്റെ ഫലമാണ് പക്ഷേ ഗുരുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് എവിടെയാണ് ഈ സംസാര ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിലാണ് അതുകൊണ്ടാണ് അതിനെ പരമകരുണയെന്ന് പറയുന്നത് പരമകാരുണികനെന്ന് ഗുരുവിനെ വിളിക്കുന്നു അതാ ഗുരുവിന് മാത്രമേ കഴിയത്തു ആചാര്യന്മാർക്ക് മഹാത്മാക്കൾക്ക് മാത്രമേ അത് കഴിയൂ അവരീ അജ്ഞാനത്തെവനെ ബോധിപ്പിക്കുന്നു ഇങ്ങനെ നീ ഇങ്ങനെ അല്ല നീ നിന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് പോലെ അല്ല നീ ഈ അഗ്രഹണത്തിലും അന്യഥാഗ്രഹണത്തിലും പെട്ട് എന്താണോ നിന്നെ ധരിച്ചിരിക്കുന്നത് അതല്ല നീ പരമാർത്ഥം ഈ ജാഗ്ര സ്വപ്ന സുഷുക്തികളിലൂടെ അതാണ് ഹേതുഫലം നേരത്തെ വിശദീകരിച്ചത് അതിലൂടെ നീ എന്താണോ ധരിച്ചിരിക്കുന്നത് അതല്ല നിന്റെ സ്വരൂപം പിന്തു തത്വമസി നീ തുരിയനാണ് എന്ന് പ്രതിബോധ്യമാനോ എന്ന് ബോധിപ്പിക്കുമ്പോ യഥാ തഥാ ഏവം പ്രതിബോധ്യത പറയുന്നു എപ്പോഴാണോ അപ്പോൾ നേർത്തും പറയുന്നു തത്വമസീതി പ്രതിബോധ്യമാനോ യഥാ തഥാ എന്ന് പറയുന്നത് അവിടെ താരതാമസം പരമകാരുണ്കന്മാരായ ആചാര്യന്മാർ നമ്മെ എപ്പോഴാണോ ഇത് ബോധിപ്പിക്കുന്നത് ഈ ആചാര്യന്മാർ എത്രയോ കാലമായി നമ്മൾ ബോധിപ്പിക്കുന്നു എത്രയോ ജന്മങ്ങളായി നമ്മൾ ബോധിപ്പിക്കുന്നു സംബോധിക്കുന്നില്ല യഥാ തഥാ മാത്രം നടക്കുന്നില്ല അതെന്തുകൊണ്ടാ എന്റെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതവ് കുറയും വിശിഷ്ടേന ആചാര്യേന ബോധിപ്പിക്കുന്നത് വിശിഷ്ടനായ ആചാര്യന്മാരാണ് അകാര്യ സംശയം ശ്രുതി ഉപദേശിച്ച ആചാര്യനായാലും ശരി ഇവിടെ മണ്ഡൂകൻ എന്ന പേരുള്ള ഒരു ഋഷിയെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ യോഗ്യതയിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല പിന്നെ ഭാഷ്യൻ രചിച്ച ആള് എന്റെ പരമമായ തത്വത്തെ പരമകാരുണികനായി വിളിച്ച് െളിപ്പെടുത്തി പിന്നെ അതിന് ശേഷം രൂഢപാതാചാര്യന് ഇങ്ങനെയുള്ള ആചാര്യന്മാരുടെ വൈശിഷ്ട്യത്തിൽ നമുക്ക് സംശയമില്ല അവര് ബോധിപ്പിച്ചാൽ യഥാ തഥാ എന്നാ പറയുന്നത് എപ്പോഴാണോ അപ്പോ ഈ പറയുന്ന സംശയവിഭ്രാന്തികളെല്ലാം മാറി തത്വം പ്രകാശിക്കേണ്ടതാണ് പക്ഷെ സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിശിഷ്ടം ശിഷ്യം പ്രതി ശിഷ്യൻ വിശിഷ്ടനായിരിക്കണം എന്നാണ് ഇത് വരവുത്താകത്തുള്ള യഥാ തഥാന്നുള്ള നടക്കത്തുള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും നടക്കില്ല എന്ന് പറയുന്നില്ല കാലതാമസം വരും അത് ഈ തത്വത്തെ പ്രകാശിപ്പിച്ച വിശിഷ്ടന്മാർ ആചാര്യന്മാരുടെ പോരായ്മയെന്ന് വരും രണ്ടു അതെ പറയുന്നത് വിശിഷ്ടം ശിഷ്യം പ്രതി പ്രതിബോധന അവസ്ഥായ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് അതിന്റെ കൈക്കാതാവ് പറയുകയാണ് ആനന്ദ അതുകൊണ്ട് അക്കാര്യത്തിന് നമ്മൾ സംശയിക്കുന്നു മണ്ടൂകൈശിയും ശങ്കരാചാര്യരും രൂഢപാതാചാര്യരും വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യമാണോ എന്നാലും ചിന്തിക്കണ്ട അത് ശ്രോതാവിന്റെ യോഗ്യതയാണ് മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത് എന്നാൽ നമ്മളിതിന്റെ തുടക്കത്തിൽ ആവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പലരും ചോദിക്കും അങ്ങനെ ഇത് അറിഞ്ഞാൽ മതിയോ അതുകൊണ്ടിങ്ങനെ നടക്കുമോ അതിനപ്പുറം ഇനി എന്താണ് എന്നൊക്കെ ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതേ ശബ്ദത്തെ പോലും അപേക്ഷിക്കാതെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും ദക്ഷിണാമൂർത്തി സനകാരികളെ ബോധ്യപ്പെടുത്തിയപ്പോ ഒരു ശബ്ദവും പ്രയോഗിച്ചുണ്ട് പക്ഷെ അതിന്റെ യോഗ്യത ശ്രോതാവിന് വരണം അതില്ലെങ്കിലോ വീണ്ടും പല പല ഉപായങ്ങളെ കുറിച്ച് പറയുന്നു ഇവിടെ തന്നെ ഇനി പറയും ഏഴാമത്തെ മന്ത്രം വരെ പറഞ്ഞത് ഉത്തമ മധ്യമാധികാരികളെ കുറിച്ചാണെന്നും ഇനി പറയാൻ പോകുന്നതെല്ലാം അധമാധികാരികളെ കുറിച്ചാണെന്നും ഇനി പറയും എന്ന് വിചാരിച്ച് ശ്രുതി അല്ലെങ്കിൽ ആചാര്യന്മാരാരെയും കൈവിടില്ല ഇത് ബോധിക്കുന്നില്ലെങ്കിൽ ശരിവേറെ വഴി പക്ഷേ ഉത്തമം ശ്രേഷ്ഠം വന്നത് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നു താൻ സ്വീകരിക്കുന്നത് തനിക്ക് ശ്രേഷ്ഠമായിരിക്കും പക്ഷേ പരമാർത്ഥം ഇതാണ് അത് ബോധ്യപ്പെട്ടിട്ട് വേണം പിന്നെ അടുത്ത വഴിക്ക് സഞ്ചരിക്കും അങ്ങനെ യോഗ്യനായ ഒരാചാര്യനെ ഇതിനെ ബോധിപ്പിക്കുമ്പോൾ അവൻ ബോധിക്കുന്നു പറഞ്ഞത് അദ്വൈതം ബുദ്ധിയതെ തഥാ യഥാ തഥാ ബുദ്ധിതേ അപ്പോൾ അവൻ ബോധിക്കുന്നു എന്നുകൂടെ പറഞ്ഞു